അധ്യായം ഇരുപത് അനന്തരം ഇസ്രയേൽ മക്കളൊക്കെയും പുറപ്പെട്ട് ദാൻ മുതൽ ബർഷെബ വരെയും ഗലയാതദേശത്തുമുള്ള സഭയൊക്കെയും ഏകമനസ്സോടെ മിസ്ബയിൽ യഹോവയുടെ സന്നിധിയിൽ വന്നുകൂടി ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളുമായ സർവജനത്തിന്റെയും പ്രധാനികളും ആയുധപാണികളായ നാലു ലക്ഷം കാലാളും ദൈവത്തിന്റെ ജനസംഘത്തിൽ വന്നു നിന്നു ഇസ്രയേൽ മക്കൾ മിസ്പയിലേക്ക് പോയിയെന്ന് ബന്യാമീന്യർ കേട്ടു അപ്പോൾ ഇസ്രയേൽ മക്കൾ ഈ ദോഷം എങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നെന്ന് പറഞ്ഞതിന് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ ഉത്തരം പറഞ്ഞത് ഞാനും എന്റെ വെപ്പാട്ടിയും ബെന്യാമിൻ ദേശത്ത് ഗിബയയിൽ രാപ്പാർപ്പാൻ ചെന്നു എന്നാറെ ഗിബയാ നിവാസികൾ എന്റെ നേരെ എഴുന്നേറ്റ് രാത്രിയിൽ എന്റെ നിമിത്തം വീടു വളഞ്ഞ് എന്നെ കൊല്ലു അൻഭാവിച്ചു എന്റെ വെപ്പാട്ടിയെ അവർ ബലാത്കാരം ചെയ്തതിനാൽ അവൾ മരിച്ചുപോയി അവർ ഇസ്രയേലിൽ ദുഷ്കർമ്മവും വഷളത്വവും പ്രവർത്തിച്ചതുകൊണ്ട് ഞാൻ എന്റെ വെപ്പാട്ടിയെ ഖണ്ണം ഖണ്ണമാക്കി ഇസ്രയേലിന്റെ അവകാശ ദേശത്തൊക്കെയും കൊടുത്തയച്ചു നിങ്ങളെല്ലാവരും ഇസ്രയേലിലല്ലോ ഇതിൽ നിങ്ങളുടെ അഭിപ്രായവും ആലോചനയും പറവിൻ അപ്പോൾ സർവ്വജനവും ഒന്നായിട്ട് എഴുന്നേറ്റ് പറഞ്ഞത് നമ്മിൽ ആരും തന്റെ കൂടാരത്തിലേക്ക് പോകരുത് ും വീട്ടിലേക്ക് തിരികെയുമരുത് നാം ഇപ്പോൾ ഗിബയോട് ചെയ്യേണ്ടുന്ന കാര്യമാവിത് നാം അത് സംബന്ധിച്ച് ചീട്ടിടണം അവർ ഇസ്രയേലിൽ പ്രവർത്തിച്ച സകല വഷളത്വത്തിനും പകരം ചെയ്യേണ്ടതിന് ജനം ഗിബേയിലേക്ക് ചെല്ലുമ്പോൾ അവർക്കുവേണ്ടി ഭക്ഷണ സാധനങ്ങൾ പോയി കൊണ്ടുവരുവാൻ ഇസ്രയേൽ ഗോത്രങ്ങളിൽ ിൽ പത്തുപേരെയും ആയിരത്തിൽ നൂറുപേരെയും പതിനായിരത്തിൽ ആയിരം പേരെയും എടുക്കണം അങ്ങനെ ഇസ്രയേലിലെ റൊഖയും ആ പട്ടണത്തിന് വിരോധമായി ഏകമനസ്സോടെ യോജിച്ചു പിന്നെ ഇസ്രയേൽ ഗോത്രങ്ങൾ ബെന്യാമിൻ ഗോത്രത്തിലെങ്ങും ആളയച്ചു നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ദോഷം നടന്നത് എന്ത് ഗിബയയിലെ ആ നീചന്മാരെ ഞങ്ങൾ കൊന്ന് ഇസ്രയേലിൽ നിന്ന് ദോഷം നീക്കിക്കളയേണ്ടതിന് അവരെ ഏൽപ്പിച്ചു തരുവീൻ എന്ന് പറയിച്ചു ബെന്യാമിൻ നിരോ മക്കളായ തങ്ങളുടെ സഹോദരന്മാരുടെ വാക്ക് കേട്ടനുസരിപ്പാൻ മനസ്സില്ലാതെ ഇസ്രയേൽ മക്കളോട് യുദ്ധത്തിന് പുറപ്പെടത്തക്കവണ്ണം തങ്ങളുടെ പട്ടണങ്ങളിൽ നിന്ന് ഗിബയയിൽ വന്നുകൂടി അന്ന ഗിബയാ നിവാസികളിൽ എണ്ണിത്തിരിച്ച എഴുന്നൂറ് ബിരുദന്മാരെ കൂടാതെ പട്ടണങ്ങളിൽ നിന്ന് വന്ന ബെന്യാമീന്യർ ഇരുപത്തി ആറായിരം ആയുധവാണികളുണ്ടെന്ന് എണ്ണം കണ്ടു ഈ ജനത്തിലെല്ലാം ഇടത്തുകയ്യന്മാരായ എഴുന്നൂറ് ബിരുദന്മാർ ഉണ്ടായിരുന്നു അവരെല്ലാവരും ഒരു രോമത്തിന് പോലും ഏറ് പിഴയ്ക്കാത്ത ബെന്യാമിൻ ഒഴികെയുള്ള ഇസ്രയേലിരോ നാലു ലക്ഷം ആയുധപാണികൾ ആയിരുന്നു അവരെല്ലാവരും യോദ്ധാക്കൾ തന്നെ അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് വെഥലിലേക്ക് ചെന്നു ബെന്യാമിനോട് ഞങ്ങളിൽ ആർ മുമ്പനായി ചെല്ലണ്ടു എന്ന ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു യഹൂദ മുമ്പനായി ചെല്ലട്ടെ എന്ന് യഹോവ അരുളിച്ചു അങ്ങനെ ഇസ്രയേൽ മക്കൾ രാവിലെ എഴുന്നേറ്റ് ഗിബയയ്ക്ക് നേരെ പാളയമിറങ്ങി ഇസ്രയേല്യർ ബെന്യാമീന്യരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു ഗിബയിൽ അവരുടെ നേരെ അണിനിരന്നു ബെന്യാമീന്നര ഗിബയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രയേല്യരിൽ ഇരുപത്തിരായിരം പേരെ അന്ന സംഹരിച്ച് വീഴിച്ചു ഇസ്രയേൽ മക്കൾ യഹോവയുടെ സന്നദ്ധിയിൽ ചെന്ന് സന്ധ്യവരെ കരഞ്ഞു ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീന്യരോട് ഞങ്ങൾ ഇനിയും യുദ്ധത്തിന് പോകേണമോ എന്ന് യഹോവയോട് ചോദിച്ചു അവരുടെ നേരെ ചെല്ലുവിനെന്ന് യഹോവ അരുളി ചെയ്തു അങ്ങനെ ഇസ്രയേല്യരായ പടജനം ധൈര്യപ്പെട്ട് ഒന്നാം ദിവസം അണിനിരന്ന സ്ഥലത്ത് തന്നെ പിന്നെയും പടയ്ക്ക് അണിനിരന്നു ഇസ്രയേൽ മക്കൾ രണ്ടാം ദിവസവും ബന്യാമീന്യരോട് അടുത്തു ബന്യാമീന്യർ രണ്ടാം ദിവസവും ഗിബയയിൽ നിന്ന് അവരുടെ നേരെ പുറപ്പെട്ടു ഇസ്രായേൽ മക്കളിൽ പിന്നെയും പതിനെണ്ണായിരം പേരെ സംഹരിച്ച് വീഴിച്ചു അവരെല്ലാവരും യോദ്ധാക്കൾ ആയിരുന്നു അപ്പോൾ ഇസ്രായേൽ മക്കളൊക്കെയും സർവജനവും കയറി ബലിലേക്ക് ചെന്നു അവിടെ യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അന്ന് സന്ധ്യ വരെ ഉപവസിച്ച് പാർത്ത് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു പിന്നെ ഇസ്രായേൽ മക്കൾ യഹോവയോട് ചോദിച്ചു അക്കാലത്ത് ദൈവത്തിന്റെ നിയമപ്പെട്ടകം അവിടെ ഉണ്ടായിരുന്നു അഹരോന്റെ മകനായ എലയാസാറിന്റെ മകൻ ഫിനഹാസ് ആയിരുന്നു അക്കാലത്ത് തിരുസന്നിധിയിൽ നിന്നിരുന്നത് ഞങ്ങളുടെ സഹോദരന്മാരായ ബന്യാമീന്യരോട് ഞങ്ങൾ ഇനിയും പടയെടുക്കണമോ ഒഴിഞ്ഞുകളയണമോ എന്നവർ ചോദിച്ചതിന് ചെല്ലുവിൻ നാളെ ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് യഹോവ അരുളിച്ചു അങ്ങനെ ഇസ്രയേല്യർ ഗിബയയ്ക്കു ചുറ്റും പതിയിരുപ്പുകാരെ ആക്കി ഇസ്രയേൽ മക്കൾ മൂന്നാം ദിവസവും ബെന്യാമീന്യരുടെ നേരെ പുറപ്പെട്ട് മുമ്പലത്തെ പോലെ ഗിബയയുടെ നേരെ പടയ്ക്ക് അണിനിരന്നു ബെന്യാമീന്യർ പടജനത്തിന്റെ നേരെ പുറപ്പെട്ട് പട്ടണം വിട്ട് പുറത്തായി ബേധലിലേക്കും വയലിൽ കൂടി ഗിബയിലേക്കും പോകുന്ന രണ്ട് പെരുവഴികളിൽ വച്ച് മുമ്പലത്തെപ്പോലെ പടജനത്തിൽ ചിലരെ വെട്ടിത്തുടങ്ങി ഇസ്രയേലിൽ ഏകദേശം മുപ്പതുപേരെ കൊന്നു അവർ മുമ്പലത്തെപ്പോലെ നമ്മുടെ മുമ്പിൽ തോറ്റോടുന്നു എന്ന് ബെന്യാമിന്യർ പറഞ്ഞു ഇസ്രയേൽ മക്കളോ നാം ഓടി അവരെ പട്ടണത്തിൽ നിന്ന് പെരുവഴികളിലേക്ക് ആകർഷിക്ക എന്ന് പറഞ്ഞിരുന്നു ഇസ്രയേല്യർ ഒക്കെയും തങ്ങളുടെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് ബാൽ താമാരിൽ പടയ്ക്ക് അണിനിരന്നു ഇസ്രയേലിയരുടെ പതിയിരുക്കുകാരും ഗിബയയുടെ പുൽപ്പുറത്ത് തങ്ങളിരുന്നിടത്ത് നിന്ന് പുറപ്പെട്ടു എല്ലാ ഇസ്രയേലിൽ നിന്നും തെരഞ്ഞെടുത്തിരുന്ന പതിനായിരം പേർ ഗിബയയുടെ നേരെ ചെന്നു പട കഠിനമായി മുറുകി എങ്കിലും ആപത്ത് അടുത്തിരിക്കുന്നു എന്ന് അവർ അറിഞ്ഞില്ല യഹോവ ബെന്യാമീന്നരെ ഇസ്രയേലിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കി അന്ന് ഇസ്രയേൽ ബെന്യാമീന്നരിൽ ഇരുപത്തയ്യായിരത്തി പേരെ സംഹരിച്ചു അവരെല്ലാവരും ആയുധപാണികൾ ആയിരുന്നു ഇങ്ങനെ ബെന്യാമീന്നർ തങ്ങൾ തോറ്റു എന്ന് കണ്ടു എന്നാൽ ഗിബയെ ഗിബയക്കരികെ ആക്കിയിരുന്ന പതിയിരുപ്പുകാരെ വിശ്വസിച്ചിരുന്നതുകൊണ്ട് ബന്യാമീന്യർക്ക് സ്ഥലം കൊടുത്തു ഉടനെ പതിയിരുപ്പുകാർ ഗിബയയിൽ പാഞ്ഞുകയറി പതിയിരുപ്പുകാർ നീള നടന്ന് പട്ടണത്തെയൊക്കെയും വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ച് കളഞ്ഞു പട്ടണത്തിൽ നിന്ന് അടയാളമായിട്ട് ഒരു വലിയ പുക പൊങ്ങുമാറാക്കണമെന്ന് ഇസ്രയേല്യർ പതിയിരുപ്പുകാരുമായി പറഞ്ഞു ഇസ്രയേല്യർ പടയിൽ പിൻവാങ്ങിയപ്പോൾ ബെന്യാമീന്യർ ഇസ്രയേല്യരെ വെട്ടിത്തുടങ്ങി ഏകദേശം മുപ്പത് പേരെ കൊന്നു മുൻകഴിഞ്ഞ പടയിലെ പോലെ അവർ നമ്മുടെ മുമ്പിൽ തോറ്റോടുന്നു എന്ന് അവർ പറഞ്ഞു എന്നാൽ പട്ടണത്തിൽ നിന്ന് അടയാളം ഒരു വലിയ പുകത്തൂണായി പൊങ്ങി തുടങ്ങിയപ്പോൾ ബന്യാമീന്യർ പിന്നോട്ടു നോക്കി പട്ടണം മുഴുവനും ആകാശത്തോളം കത്തിപ്പൊങ്ങുന്നത് കണ്ടു ഇസ്രയേലിയർ തിരിഞ്ഞപ്പോൾ ബന്യാമീന്യർ തങ്ങൾക്ക് ആപത്ത് ഭവിച്ചു എന്ന് കണ്ടു അവർ ഇസ്രയേൽ മക്കളുടെ മുമ്പിൽ നിന്ന് മരുഭൂമിയിലേക്കുള്ള വഴിക്ക് തിരിഞ്ഞു പട അവരെ പിന്തുടർന്നു പട്ടണങ്ങളിൽ നിന്നുള്ളവരെ അവർ അതതിന്റെ മധ്യവച്ച് സംഹരിച്ചു അവർ ബെന്യാമീന്നരെ വളഞ്ഞ് ഓടിച്ച് ഗിബയക്കെതിരെ കിഴക്ക് അവരുടെ വിശ്രാമ സ്ഥലത്ത് വെച്ച് പിടികൂടി അങ്ങനെ ബെന്യാമീന്നരിൽ പതിനെണ്ണായിരം പേർ പട്ടുപോയി അവരെല്ലാവരും പരാക്രമശാലികൾ ആയിരുന്നു അപ്പോൾ അവർ തിരിഞ്ഞ് മരുഭൂമിയിൽ റിമ്മോൻ പാറയ്ക്ക് ഓടി അവരിൽ അയ്യായിരം പേരെ പെരുവഴികളിൽ വെച്ച് ഒറ്റയൊറ്റയായി പിടിച്ച് കൊന്നു മറ്റവരെ ഗിതോമോളം പിന്തുടർന്നു അവരിലും രണ്ടായിരം പേരെ വെട്ടിക്കളഞ്ഞു അങ്ങനെ ബന്യാമീന്നരിൽ ആകെ ഇരുപത്തയ്യായിരം ആയുധപാണികൾ അന്ന് പട്ടുപോയി അവരെല്ലാവരും പരാക്രമശാലികൾ തന്നെ എന്നാൽ അറുനൂറ് പേർ തിരിഞ്ഞ് ിൽ റിമ്മോൻ പാറ വരെ ഓടി അവിടെ നാലു മാസം പാർത്തു ഇസ്രയേലിയർ പിന്നെയും ബെന്യാമിനരുടെ നേരെ തിരിഞ്ഞ് ഓരോ പട്ടണം മുഴുവനേയും മൃഗങ്ങളെയും കണ്ട സകലത്തെയും വാളിന്റെ വൈത്തലയാൽ സംഹരിച്ചു അവർ കണ്ട എല്ലാ പട്ടണങ്ങളും തീവച്ച് ചുട്ടുകളഞ്ഞു